സത്യത്തിൻ്റെ ആദ്യതലം ആത്മശോധന എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രധാന ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം ക്രിസ്തു എങ്ങനെ നമ്മുടെ സഹനാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നുവെന്ന് അവിടുത്തെ ദൈവിക പ്രകൃതിക്ക് വിദൂരമായ കാര്യങ്ങളും അനുഭവത്തിലൂടെ അവിടുന്ന് എങ്ങനെ അഭ്യസിച്ചുവെന്നതും നാം ഇതിനകം കണ്ടുകഴിഞ്ഞതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളല്ലാത്തത് നിങ്ങളായിത്തീരണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ എന്താണെന്നുള്ളത് ദുർഭകനും ദുരിതപൂർണനുമായ ഒരു സൃഷ്ടിയാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ഈ ഒരു അറിവിനാൽ കരുണ കാണിക്കാൻ നിങ്ങൾ പഠിക്കും ഈ രീതിയിൽ പഠിക്കുന്നില്ലെങ്കിൽ സഹജീവികളുടെ ദുഃഖത്തിലും ദൗർഭാഗ്യത്തിലും കാരുണ്യത്തോടെ പങ്കുചേരാൻ നിങ്ങൾക്കാകില്ല പകരം അവരുടെ ബലഹീനതയിൽ നിങ്ങൾ കോപിഷ്ടരാകും കാരണം നിങ്ങളുടെ സ്വന്തം ദയനീയാവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല നിങ്ങളുടെ ആശ്വാസം അവർക്ക് നൽകുന്നതിന് നിങ്ങൾ അവരെ കുറ്റം വിധിക്കും ശാന്തതയുടെ അരൂപിയിൽ നേരായ പാതയിൽ അവരെ വീണ്ടും എത്തിക്കേണ്ടിടത്ത് നിങ്ങൾ നിങ്ങളുടെ കോപത്തിൽ അവരിൽ നാശകരമായ വിമർശനം നടത്തും അതിനാൽ നിങ്ങൾ ഒരിക്കലും വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ മറക്കരുത് സഹോദരരെ ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായി നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ ഗലാത്തിയ ആറ് നിങ്ങൾ രോഗാവസ്ഥയിലോ ദുഃഖത്തിലോ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് കാണിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അതേ അരൂപി നിങ്ങൾ നിങ്ങളുടെ ദുർബലരായ സഹോദരനോട് കാണിക്കണമെന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് മറ്റൊരിടത്ത് ശാന്തതയുടെ പാഠം എങ്ങനെ പഠിക്കണമെന്ന് അപ്പസ്തോലൻ നമ്മോട് പറയുന്നുണ്ട് നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ ഗലാത്തിയ ആറ് ഒന്ന് ഇവിടെ തൻ്റെ യജമാനൻ സ്ഥാപിച്ച കൽപ്പന ആ ശിഷ്യൻ എപ്രകാരമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മലയിലെ പ്രസംഗത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കരുണ കാണിക്കുന്നവരെക്കുറിച്ച് ഹൃദയശുദ്ധിയുള്ളവരെക്കാൾ മുൻപാണ് പ്രസ്താവിക്കപ്പെടുന്നത് അതേസമയം ശാന്തശീലർ കരുണയുള്ളവരെക്കാൾ മുൻപും അതുകൊണ്ടാണ് ആത്മീയ മനസ്സുള്ളവർ ലൗകികവും ജഡികവുമായ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരെ തിരുത്താൻ സഹായിക്കേണ്ടത് ശാന്തതയുടെ അരൂപിയിലാകണമെന്ന് അവിടുന്ന് ഊന്നിപ്പറയുന്നത് കാരണം കരുണയുള്ളവർ തങ്ങളുടെ സഹജീവികളെ സഹായിക്കുകയും തിരുത്തുകയും ചെയ്യുന്നവരാണ് അതേസമയം എളിമയുള്ളവർ തങ്ങളുടെ ശാന്തതയുടെ അരൂപിയാൽ വേർതിരിക്കപ്പെട്ടവരാണ് കാരുണ്യവാനായിരിക്കുകയും അതേസമയം എളിമയില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാളെക്കുറിച്ച് ചിന്തിക്കുക അസാധ്യമാണെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതിനെ അപ്പസ്തോലൻ ഇവിടെ പൂർണ്ണമായി വ്യക്തമാക്കുന്നുണ്ട് അതായത് നമുക്ക് ചുറ്റുമുള്ളവരിൽ സത്യത്തെ കണ്ടെത്താൻ പരിശ്രമിക്കും മുമ്പേ നമ്മളിൽ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന ആ സത്യത്തെ നാം തേടണം അദ്ദേഹം നമ്മോട് പറയുന്നു നിങ്ങളിലേക്ക് തന്നെ നോക്കുക പാപത്തിലേക്ക് വീഴുക എന്നത് നിങ്ങൾക്ക് എത്രയോ എളുപ്പമാണ് കാരണം ഇപ്രകാരം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് മറ്റുള്ളവരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് ശാന്തതയുടെ അരൂപി സ്വന്തമാകും എന്നാൽ വിശുദ്ധ പൗലോസിന്റെ ഉപദേശത്തിന് നേരെ നിങ്ങൾ ബദിരരാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ശാസനയുടെ വാക്കുകൾ അവഗണിക്കരുത് കപടനാട്ടിക്കാരാ ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണമെടുക്കുക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട്ടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും മത്തായി ഏഴ് അഞ്ച് നിങ്ങളുടെ ആത്മാവിലെ അഹങ്കാരമാണ് നിങ്ങളുടെ കണ്ണിലെ തടിക്കഷ്ണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഹങ്കാരം ആ തടിക്കഷ്ണത്തെ അത്രമാത്രം വഴുങ്ങിയിട്ടുള്ളത് നിമിത്തം അത് കടുപ്പമുള്ളതായിരിക്കുകയില്ല മറിച്ച് അത് ചീർത്തതും മാംസളവുമാണ് ആ തടിക്കഷ്ണം ആത്മാവിന്റെ കണ്ണിൽ മൂടലുണ്ടാക്കുകയും മങ്ങലുണ്ടാക്കുകയും ചെയ്യുന്നത് നിമിത്തം സത്യം കാണപ്പെടാതെ നിലകൊള്ളുന്നു നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചോ കൃപയുടെ സഹായത്താൽ നിങ്ങൾക്ക് ആരാകാമെന്നതിനെക്കുറിച്ചോ യാതൊന്നും കാണാനാവുന്നില്ല കാരണം വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ അഹങ്കാരം നമ്മുടെ തന്നെ മേന്മയുടെ സ്നേഹമാണെങ്കിൽ എളിമ നമ്മുടെ തന്നെ മേന്മയെ അവജ്ഞയോടെ വീക്ഷിക്കലാണെന്നും പറയാം എന്നാൽ സത്യത്തിന് മാത്രം നടത്താൻ കഴിയുന്ന വിധികൾ സ്നേഹത്തിനോ വെറുപ്പിനോ അറിയുകയില്ല നമ്മുടെ വിധികൾ എങ്ങനെ സത്യത്തെ അടിസ്ഥാനമാക്കണമെന്ന് നമ്മുടെ കർത്താവിൻ്റെ ചില വാക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ശ്രവിക്കുന്നതുപോലെ ഞാൻ വിധിക്കുന്നു യോഹനാൻ അഞ്ച് മുപ്പത് സ്നേഹമോ വെറുപ്പോ ഭയമോ അവിടുത്തെ വിധികളെ സ്വാധീനിക്കുന്നില്ല എന്നാൽ ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമമനുസരിച്ച് ഇവൻ മരിക്കണം യോഹന്നാൻ പത്തൊമ്പത് ഏഴ് എന്നത് ഒരു തീരുമാനം എപ്രകാരം വെറുപ്പിനെ അടിസ്ഥാനമാക്കി എടുക്കപ്പെടുന്നുവെന്ന് കാണിക്കുന്നു അതേസമയം ഭയം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമ്മെ നിർബന്ധിക്കുന്നു അവനെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും യോഹന്നാൻ പതിനൊന്ന് നാൽപ്പത്തെട്ട് ദാവീദ് തന്റെ സൈന്യാധിപന്മാരോട് യുവാവായ അപ്സലോമിനോട് എന്നെ മയമായി പെരുമാറുക രണ്ട് സാമ്പുവൽ പതിനെട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ തീരുമാനം സ്നേഹത്താൽ മാത്രം സ്വാധീനിക്കപ്പെട്ടതായിരുന്നു ഒരു കേസിൽ തീരുമാനമെടുക്കാൻ വ്യവഹാരക്കാരന്റെ സുഹൃത്തുക്കൾ ഒരിക്കലും നിയമിക്കപ്പെടരുതെന്ന് സിവിൽ സഭാനിയമം ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് കാരണം തങ്ങളുടെ സുഹൃത്തുക്കളോടുള്ള സ്നേഹം മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ചില നിശ്ചിത കാര്യങ്ങൾക്കു കണ്ണുകൾ അടയ്ക്കുന്നതിലേക്കും അവരെ നയിച്ചേക്കാം കാരണം സ്നേഹത്തിന് നമ്മുടെ കണ്ണുകളിൽ ഒരു വ്യക്തിയുടെ തെറ്റുകളെ ഏറെ എളുപ്പത്തിൽ കുറയ്ക്കാനോ അല്ലെങ്കിൽ അവയെപ്പറ്റി നമ്മെ തികച്ചും വിസ്മൃതരാക്കാൻ പോലുമോ സാധിക്കും ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആത്മസ്നേഹത്തിന് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള നിങ്ങളുടെ വിധിയെ വഞ്ചിക്കാൻ എത്രയോ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള പൂർണ്ണ അറിവിലേക്കെത്താൻ പ്രയത്നിക്കുകയാണെങ്കിൽ സ്വന്തം ആത്മാവിൻ്റെ നേത്രത്തെ അന്തമാക്കുന്ന അഹങ്കാരത്തിൻ്റെ തടിക്കൃഷ്ണത്തെ നീക്കം ചെയ്തുകൊണ്ട് ആരംഭിക്കണം പിന്നെ തന്നെ തേടിയുള്ള യാത്രയിൽ ഹൃദയമുറപ്പിക്കുക എളിമയുടെ ഗോവണിയുടെ പന്ത്രണ്ടാം പടി കയറിക്കഴിയുമ്പോൾ നിങ്ങളിൽ തന്നെയുള്ള സത്യത്തെ കണ്ടെത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ സത്യത്തിൽ നിങ്ങളെ തന്നെ കണ്ടെത്തി കഴിയുമ്പോൾ സത്യത്തിന്റെ മൂന്ന് നിരകളിൽ ഒന്നാമത്തേതിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അപ്പോൾ സങ്കീർത്തകന്റെ ഈ വാക്കുകൾ നിങ്ങളെ സംബന്ധിച്ചും സത്യമായിത്തീരും ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തുസൂക്ഷിച്ചു സങ്കീർത്തനം നൂറ്റിയാറ് പത്ത് ഒരു മനുഷ്യനെയും വിശ്വസിക്കാനാവില്ലെന്ന തിരിച്ചറിവിലേക്കും അപ്പോൾ നിങ്ങൾ എത്തിച്ചേരും നമ്മുടെ കർത്താവും വിശുദ്ധ പൗലോസും നമ്മോട് പറയുന്ന അതേ ഘട്ടങ്ങളിലൂടെ ദാവീദും കടന്നുപോയി കാരണം എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല യോഹന്നാൻ എട്ട് എന്ന സത്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളും സത്യത്തെ വിശ്വസിക്കണം നിങ്ങൾ അവിടുത്തെ അനുഗമിക്കുകയും അവിടുത്തെ സ്തുതിക്കുകയും വേണം എന്നാൽ എന്തിനെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത് അവിടുന്നിൽ ശരണം വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ സത്യത്തെ കാരണം അവിടുന്നിൽ വിശ്വാസമർപ്പിക്കുന്നത് വഴി നിങ്ങൾ രക്ഷിക്കപ്പെടുകയും നിത്യസൗഭാഗ്യത്താൽ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങളുടെ എളിമ പരിപൂർണമാക്കപ്പെടുകയും ചെയ്യും മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ തന്നെയുള്ള സത്യത്തെ അംഗീകരിക്കാൻ നിങ്ങൾ ലജ്ജിക്കാത്തതിനാൽ നിങ്ങൾ എളിമയുടെ കൊടുമുടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കാരണം സത്യം കണ്ടെത്തുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഞാൻ യാതൊന്നുമല്ലാതിരിക്കെ ഞാൻ എന്തോ ആണെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷേ പിന്നീട് ക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നതിലൂടെയും അവിടുത്തെ എളിമ അനുകരിക്കുന്നതിലൂടെയും ഞാൻ എന്നെക്കുറിച്ച് തന്നെയുള്ള സത്യം അറിയുന്നതിലേക്ക് എത്തിച്ചേരുന്നു എന്റെ സ്വന്തം അയോഗ്യതയുടെ ഏറ്റുപറച്ചിൽ സത്യത്തിനുള്ള ഒരു സ്തുതിഗീതമായിത്തീരുന്നു കാരണം സമ്പൂർണ്ണ എളിമയും ആത്മജ്ഞാനവും യഥാർത്ഥത്തിൽ ഞാൻ എത്രമാത്രം നിന്ദനാണെന്ന് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ബെർണാഡ് എഴുതിയ എളിമയുടെ പടവുകളിൽ എന്ന പുസ്തകത്തിലെ ഒരധ്യായമാണ് നാം ഇപ്പോൾ കേട്ടത് ഈ പുസ്തകത്തിൻ്റെ പേപ്പർ ബാഗ് അല്ലെങ്കിൽ ഇൻ്റൽ ഡിജിറ്റൽ എഡിഷൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യു സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ഡിജിറ്റൽ അറ്റ് ഇമെയിൽ അയയ്ക്കാവുന്നതാണ്